തിങ്കൾ പിരപ്പൻകോട് മുരളി പങ്കെടുക്കുന്നവർ കരമന ജനാർദ്ദനൻ നായർ വില്യം ഡിക്രൂസ് പി ഗംഗാധരൻ നായർ ചങ്ങനാശേരി നടരാജൻ എസ് രാമൻകുട്ടി നായർ സന്തോഷ് കുമാർ കായംകുളം ടി എൻ ഗോപിനാഥൻ നായർ സി പി രാജശേഖരൻ കെ പൊന്നപ്പൻപിള്ള രാജൻ തഴക്കര കഴക്കൂട്ടം പ്രേംകുമാർ പല്ലന കമലൻ കാട്ടാക്കട പ്രേംകുമാർ ടി പി രാധാമണി ഭാഗ്യലക്ഷ്മി കെ പി എ സി സുലോചന രാജകുമാരി വേണു മീനാക്ഷി ഗണേശൻ ബേബി സ്മിത മാസ്റ്റർ ഹരികൃഷ്ണൻ മാസ്റ്റർ മഹേഷ് കൃഷ്ണൻ മാസ്റ്റർ അഭിലാഷ് ചന്ദ്രൻ സഹ സംവിധാനം എ പി അച്യുതൻകുട്ടി സാങ്കേതിക സഹായം രമേശ് ചന്ദ്രൻ പശ്ചാത്തല സംഗീതം ദർശൻ രാമൻ ആലാപനം നെയ്യാറ്റൻകര വാസുദേവൻ കാവാലം ശ്രീകുമാർ ഗിരിജ വർമ്മ ഗോമതി ചിദംബരം സംവിധാനം ആർ വിമലസേനൻ നായർ ഓമന തിങ്കൾ െ ശ്രീ പത്മനാഭായം ഇപ്പൊ നമുക്ക് തരുവാഭീപായവും വരുത്താതെ രണ്ടും രണ്ടു പാത്രമാക്കി തരണേ ശ്രീ പത്മനാഭുരാട്ടി ശ്രീ പത്മനാഭൻ കനിഞ്ഞു ഇതാ പൊന്നും കൊടം പോലെ ഒരു ആൺകുട്ടി ശ്രീപത്മനാഭാംകൂറെ ഏ കൊട്ടാരം കാവൽക്കാരാ ഒന്ന് നിൽക്കൂ പിള്ളയോ എന്താ വിശേഷിച്ച് ഏ കുറുപ്പണ്ണ ശൃങ്ങരിക്കാനെ കൊണ്ടല്ല നിങ്ങളെ വിളിച്ചത് നമ്മുടെ മഹാറാണി തിരുമനസ് ഒഴിഞ്ഞു കുഞ്ഞ് തമ്പുരാനോ തമ്പുരാട്ടിയോ പൊന്നുംകെട്ട പോലെ ഒരു പൊന്ന് തമ്പുരാൻ പെരുമ്പറ കൊട്ടി നാട് അറിയിക്കണ്ടേ ഞാൻ കൊട്ടാരം സമ്പ്രദ്ധയോട് പോയി പറയട്ടെ അതിനു മുമ്പേ അണ്ണം പോയി റാണി തിരുമനസിലെ കോഴ് തമ്പുരാനോട് വിവരം അറിയിക്കണം അത് നീ തന്നെ പോയി പറഞ്ഞോ ദേവയിപ്പിള്ളെ തമ്പുരാമാർക്ക് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ പോയി പറയുന്നതായിട്ട് ഓഴത്തം പറയാൻ കണ്ട ഒരു നേരം ദേവയിപ്പിള്ളെ ഞാൻ മുഖസുതി പറയുകയാണെന്ന് കരുതേണ്ട നിന്നെ കണ്ട പെറ്റതാണെന്ന് ആര് പറയൂ പൊണ്ണം കുറുപ്പേ തന്നോട് പറഞ്ഞ കാര്യം കേൾക്കണുണ്ടോ അതോ എന്റെ വായില്ല കേട്ടു പിടിക്കണോ നീ എന്റെ പുറത്ത് കുതിരാകറണ്ട ഈ സന്തോഷ വർത്തമാനം തമ്പുരാനോട് പോയി പറഞ്ഞാലേ പറയുന്നയാൾക്ക് തമ്പുരാൻ പവൻതുട്ട് തന്നെ സമ്മാനമായി കൊടുക്കും നിന്നോടുള്ള സ്നേഹം കരുതി അത് നിനക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും അണ്ണൻ എന്നോട് സ്നേഹം അത് മതി ഞാൻ വെക്കം പോയി പറഞ്ഞിട്ട് വരാം ചെല്ലെ ചെല്ലെ നിന്റെ കാര്യം നേടാൻ മാത്രം പോരാ ഈ കൊഞ്ചലും കുഴച്ചിലും വല്ലപ്പോഴും നമ്മളെ കൂടെ ഒക്കെ ഒന്ന് ഗവനിച്ചോടണം കേട്ടോ ഉം ഒക്കെ എൻ്റെ മനതിലുണ്ട് ഞാൻ പോയി പറഞ്ഞിട്ട് വരാം ആറ് പറ്റതാണ് എന്നിട്ടും കണ്ടില്ലേ അരേന്നത്തെ പോലെ ആളെ കുരുക്ക അവൾ ഒരു കുളുങ്ങിക്കുളുങ്ങി ഒരു നടത്ത പത്മനാഭ സേവിനി വഞ്ചി ധർമ്മവർദ്ധിനി രാജരാജേശ്വരി റാണി ലക്ഷ്മിഭായുടെ തിരുവയറ്റിൽ നിന്ന് ചോദി നക്ഷത്രത്തിൽ ക്ഷത്രമായി ഗർഭശ്രീമാനായ മഹാറാണി തിരുമനസിനെ ഒരു ശുഭവാർത്ത അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതിനടിയങ്ങൾ എന്ത് ചെയ്യണമെന്ന് സമ്പ്രദി അങ്ങ് കൽപ്പിച്ചില്ല പറയാം നമ്മുടെ പൊന്നുതമ്പുരാൻ ഭൂജാതനായ അന്ന് കിഴക്കൻ കാട്ടിലെ ആനക്കുഴിയിൽ ഒരു കുട്ടിക്കൊമ്പൻ വീണിട്ടുണ്ട് സാധാരണ ആനയെ പോലെ അല്ല ദേഹം മുഴുവൻ വെളുത്തിട്ടാണ് ദേവേന്ദ്രന്റെ ആനയായ ഐരാവതത്തിന്റെ വംശത്തിൽപ്പെട്ടതാണത്രേ ശ്രീപത്മനാഭന്റെ ലീലാവിലാസങ്ങൾ അല്ലാതെ എന്തു പറയാൻ ഏതായാലും ഇനി തിരുവിതാംകൂറിന്റെ ഐശ്വര്യം അടിക്കടി കയറ്റം തന്നെ അടിയൻ ഇപ്പോ തന്നെ ഈ വിവരം മഹാറാണിയെ ഉണർത്തിക്ക ശരി ഞാനിവിടെ നിൽക്കാം നിന്റെ പേരെന്താണ് ണേ എവിടെയാ വീട് ഇവിടെ അടുത്ത് പാൽക്കുളങ്ങര തന്നെയാണേ നിനക്ക് ആരെങ്കിലും അടിയൻ ആദ്യമുണ്ട് എന്നത് നാഞ്ചനാട്ടിന്നാ ഇവിടെ അമ്മ വീട്ടിൽ താമസിക്കാൻ വന്ന ഒരു കുറുപ്പങ്ങന്നായിരുന്നേ എന്നിട്ട് അദ്ദേഹം ഇപ്പം കൊട്ടാരത്തിലെ ഏതോ ആട്ടക്കാരി പെണ്ണിന്റെ കൂടെയാണെന്നാ കേട്ടത് നിന്നെ ഉപേക്ഷിച്ചു പോയ ആ കുറുപ്പ് ഒരാണാണോ എന്നാണ് സംശയം ണെങ്കിൽ ഒട്ടും മോശത്തിനും അങ്ങനെ തന്നെ ആയിരിക്കണല്ലോ അത്തീറമഠത്തിലെ പോറ്റങ്ങത്തെ ഇത് തന്നെയാണേ പറഞ്ഞത് ഓഹോനി അവിടെ ആദ്യം വന്ന അടിയന്റെ കുപ്പാട്ടിന്ന് പിന്നെ എങ്ങോട്ടും ഒരിറക്കം ഇല്ലേ പക്ഷേ കുറുപ്പങ്ങത്തെ പോലെ അല്ല ആള് സ്നേഹമുള്ളവനാ അതെങ്ങനെ മനസ്സിലായി ആദ്യം വരുമ്പോഴൊക്കെ അടിയൻ ഉണ്ണിയപ്പമോ പാൽപ്പായസമോ എന്തെങ്കിലും കൊണ്ട് തരാതിരിക്കില്ലേ ഒന്നുമില്ലെങ്കിലും ഭഗവതി സ്നേഹത്തോടെയുള്ള ഒരു വിളിയുണ്ട് അത് മതിയല്ലോ മനസ്സ് നിറയാൻ അയ്യോ ആരോ വരട്ടെ അതിന് നമുക്കെന്ത് വണക്കം കില്ലതാർങ്ങനെ നിങ്ങളാരാ കൊട്ടാരം സമ്പ്രതി കുഞ്ചുമാദേവൻ മഹാറാണിയുടെ പ്രസവ മുറിക്ക് മുമ്പിൽ നിൽക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ മഹാറാണിയെ കണ്ട് ചില കാര്യങ്ങൾ ഉണർത്തിക്കാൻ അവർ പ്രസവിച്ചു കിടക്കുകയല്ലേ പ്രസവ രാജ്യകാര്യം അവിടെ ക്ഷമിക്കണം ഞങ്ങളുടെ നാട്ടു അനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാവൂ അന്തപ്പുരത്തിൽ റാണിയെ ധരിപ്പിക്കേണ്ട കാര്യങ്ങൾ അവരുടെ പരിചാരികമാർ മുഖാന്തിരം അറിയിക്കുകയും തിരുമനസിന്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ഞങ്ങളുടെ പതിവ് അത് പണ്ട് ഇനി നടക്കില്ല രാജ്ഞിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുൻകൂട്ടി നമ്മെ ധരിപ്പിക്കണം നമ്മുടെ അനുവാദത്തോടെ മാത്രമേ നിങ്ങൾക്ക് രാജ്ഞിയെ കാണാനോ വർത്തമാനം പറയാനോ പാടുള്ളൂ തിരുവിതാംകൂറിന്റെ റസിഡന്റും ദിവാനുമായ കേണൽ മൺറോവിന്റെ കൽപ്പനയാണിത് മനസ്സിലായോ കൊട്ടാരം സമ്പ്രദിക്കും മഹാറാണിയെ മുഖം കാണിക്കാനും റസിഡന്റിന്റെ അനുവാദം വേണമെന്നു അതെ കൊട്ടാരം സമ്പ്രദിക്കെന്നല്ല മഹാറാണിയുടെ ഭർത്താവായ സാക്ഷാൽ രാജരാജവർമ്മ കോയിത്തമ്പുരാനുണ്ടല്ലോ അയാൾക്ക് പോലും ഇനിമേൽ റസിഡന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദമുണ്ടെങ്കിലേ മഹാറാണിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പോലും കഴിയൂ മനസ്സിലായോ ഇതെന്നുമുതൽ ആരുണ്ടാക്കിയ നിയമം തിക്കാരം പറയുന്നത് സൂക്ഷിച്ചായാൽ നന്ന് ഇനി വെണ്ടിപ്പോരുത് വായടയ്ക്ക് അത് ശരി ഇപ്പോൾ വായടയ്ക്കാൻ കൽപ്പിച്ചു മറ്റൊരവസരത്തിൽ കണ്ണടയ്ക്കാനും നിങ്ങൾ കൽപ്പിക്കില്ലെന്ന് ആരഞ്ഞു അല്ല സമൃതി എണ്ണനോ ഇതാരണ്ണാ ഇതെന്തൊരു കൂത്ത് നിന്ന് പൊട്ടം കളിക്കണോ കയ്യും കലാശവും ഇത് എവിടുത്തെ മര്യാദ നാണോ മാനോ ഉള്ള ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ തുറിച്ചു നോക്കുമോ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത ഈ കൊങ്ങിണി പെട്ടിത് ഏതാ കടലാസിലെന്താ ഉള്ളത് മഹാറാണി തിരുമനസ് കൊണ്ട് റെസിഡന്റ് എഴുതിയിട്ടുള്ള ഒരു നീട്ടാണ് അതിങ്ങനൊരു തന്നെ ഇത് റെസിഡൻസിൽ എത്തിക്കണം അങ്ങനെ അവിടുന്ന് അടിയനോട് പൊറുക്കണം അടിയന് അവിടുന്ന് ആരാണെന്ന് എന്തെങ്കിലും തിരുവള്ളക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാപിക്ക് മാപ്പ് തരണം അങ്ങുന്നേ സാരമില്ല നീ ഒരു നല്ല തന്റേടമുള്ള സ്ത്രീയാ നിന്നെ എനിക്കിഷ്ടമായി ഞാൻ ആരാണെന്ന് മനസ്സിലായോ അങ്ങത്തെയാണോ മനസ്സിലായില്ലേ പറഞ്ഞു കൊടുക്കടേമാ ും പറഞ്ഞത് കണ്ടിട്ട് മോശക്കാരിയല്ല എന്ന് തോന്നുന്നു നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് ഞാൻ കൊട്ടാരത്തിലെ കിഴക്കേ മാളികയിലാണ് താമസം സൗകര്യം പോലെ ദേവപ്പിള്ളക്ക് അങ്ങോട്ട് വരാം അടിയൻ എപ്പോഴും സൗകര്യമാണേ അവിടുത്തെ സൗകര്യം പറഞ്ഞാൽ മതി അടിയനങ്ങ് വന്നോളാ ശരി അപ്പോ ഞാൻ പോട്ടെ ഓ എന്തൊരാണത്വമുള്ള മനുഷ്യൻ എന്തൊരു ദയാ ആണായാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം ും നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു ഇല്ലേ പാർവതി നമുക്ക് ശ്രീപത്മനാഭൻ തന്ന ഭാഗ്യനിധിയാണ് ഈ ഉണ്ണി ഇതൊരാൺകുഞ്ഞല്ലായിരുന്നു എങ്കിൽ നമ്മുടെ നാടിന്റെ ഗതി എന്താവുമായിരുന്നു അതേക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയുന്നില്ല അക്കൻ പറയുന്നത് അനുജത്തെ നിനക്ക് മനസ്സിലാവുകയില്ല നിന്റെ അക്കൻ തീ തിന്നുകയാണ് തമ്പ്രാട്ടി അവിടുന്ന് ദേഹം ഇളക്കരുത് തിരുവയർ ഒഴിഞ്ഞിട്ട് ഒരു മാസം കൂടി ആയില്ല ശരിയാണക്ക അവിടുന്ന് അദ്ദേഹം സംസാരിക്കേണ്ട സാരമില്ല എല്ലാം ശ്രീപദ്മനാഭം കാണുന്നുണ്ട് അനിയല്ലേ മഹാറാണി തിരുമനസുകൊണ്ട് വിജയിക്കട്ടെ എന്താ വിശേഷം അവിടത്തെ കാണാൻ കോഴിത്തമ്പുരാൻ തിരുമനസ് കൊണ്ട് പുറത്ത് കാത്തു നിൽക്കുന്നു അദ്ദേഹത്തോട് വരാൻ പറയൂ അനിയൻ ഉത്തരവ് ഇഷ്ടമായോ അനിയൻ എന്തൊക്കെ ചോദിച്ചു നീ അച്ഛനൊന്നും അറിയില്ല മോളും കൂടി പുറത്തുപോയി കളിച്ചോളൂ അനിയൻ ഉണരുമ്പോൾ ഒന്നും മിണ്ടാതെ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് വരണം രാജ്യം ഭരിക്കുന്ന മഹാറാണി അതൊന്നും മനസ്സിലാക്കാതിരിക്കുന്നതാ ഭംഗി അങ് എന്തൊക്കെയോ നമ്മിൽ നിന്ന് വിളിക്കുന്നു നമ്മുടെ ദുഃഖങ്ങൾ നാം തന്നെ സഹിച്ചാൽ പോരേ എന്തിനേ കൂടി ുംകുട്വിണി അറിയണ്ടറിയണം അടുത്തു വരുവാനും അത്രവരെയോ കില്ലദാർ മഹാസിംഗിന്റെ അനുവാദത്തോട് കൂടിയേ ഇനിമേൽ നമുക്ക് നമ്മുടെ റാണി സന്ദർശിക്കാൻ പാടുള്ളൂ ഇത് അക്രമമാണ് ഇത് അനുവദിച്ചു കൊടുക്കാനാവില്ല ഇന്ന് തന്നെ റസിഡന്റിന് എഴുതുന്നുണ്ട് ഇന്നത്തെ സ്ഥിതിയിൽ ഇതൊക്കെ നാം സഹിച്ചേ പറ്റൂ കിടപ്പുമുറിയിൽ പോലും നിയന്ത്രണം കൊണ്ടുവരുന്നവർക്ക് കീഴിൽ എന്ത് രാജ്യഭരണം നമുക്ക് റാണിയുമാകണ്ട ഭരണവും വേണ്ട ഇതൊക്കെ വലിച്ചെറിഞ്ഞാൽ സ്വയം ലക്ഷ്മി ഭായി വികാരം കൊണ്ടിട്ട് കാര്യമില്ല കുഞ്ഞിന്റെ ജാതകം അത്യുത്തമമാണ് ഉണ്ണി വളരുന്നതുവരെ നമുക്കെല്ലാം സഹിക്കാം ഉണ്ണി ലോകപ്രശസ്തനാകുമെന്നാണ് എല്ലാ ജ്യോത്സ്യന്മാരുടെയും അഭിപ്രായം എന്നാലും ഈ കൽപ്പന അനുസരിക്കാനാവില്ല പക്ഷേ ഈ കൽപ്പനയുടെ പേരിൽ നമ്മുടെ നാട് നഷ്ടപ്പെടാൻ കടയാകരുത് അയാൾ ആരാള് തന്ത്രജ്ഞനല്ലേ ഒരു ചന്ദനെ പെട്ടി നിറയെ സുഗന്ധദ്രവ്യങ്ങളും സ്വർണനാണ് റസിഡന്റിന്റെ സന്തോഷ സൂചകമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഉണ്ണി വളരട്ടെ ുംപമാനത്തിനും ഉണ്ണി തന്നെ എന്നിട്ട് നാം ഉണ്ണിയുടെ മനസ്സെന്താണെന്ന് അറിയാമല്ലോ അച്ഛൻ കൂടെ കൂടെ വന്ന് കാണാത്തതിലുള്ള മോൻറെ സങ്കടം ആവും നാളെ മോനോട് തന്നെ പറയാം മോൻ നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർക്കും കൊട്ടാരത്തിൻ്റെ മേലുള്ള പിടി നമുക്കൊന്നുകൂടി മുറുക്കണം ഒന്നുമില്ലെങ്കിലും പിറന്നത് ഒരാൺകുട്ടിയാണ് നാളെ എങ്ങനെയാവുമെന്ന് ആർക്കറിയാം വാദിച്ചമ്പിള്ള പറഞ്ഞത് ശരിയാണ് റാണി പ്രസവിച്ചുവെന്നും കുട്ടി ആണാണെന്നും പറഞ്ഞു കേട്ട അന്നുമുതൽ കർണൽ സാഹിബ് അസ്വസ്ഥനാണ് എന്തോ ആപത്തിന്റെ സൂചനയാണത്രേ ഈ കുട്ടി ആ പ്രിൻസിന്റെ ജന്മത്തിൽ എന്തോ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്നാണ് പ്രസിഡന്റിന്റെ വിശ്വാസം കുട്ടിയുടെ സാഹിബ്ണിയുടെ എന്തോ ഈശ്വര സിദ്ധിയുണ്ടെന്നാണ് പ്രസിഡന്റിന്റെ വിശ്വാസം അങ്ങനെ ആയാൽ കൊട്ടാരത്തിൽ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണത്തിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം ഇത് നല്ല തമാശ്വരസി അവിടുന്ന് റെസിഡന്റേമാൻ്റെ കൽപ്പന വാങ്ങിത്തരണം ഈ ഈശ്വരസിദ്ധിയെ ചെവിക്ക് ചെവി അറിയാതെ ഞാൻ ആറാട്ടുകടവിൽ എന്നേക്കുമായി നീരാടിച്ചു തരാം കടും നിങ്ങൾക്കറിഞ്ഞുകൂടാ ഉമേമ്മ റാണിയുടെ ഏഴ് മക്കളെയാണ് കളിപ്പാങ്കുളത്തിൽ ശ്വാസം മുട്ടിച്ചു കൊന്നത് എന്ത് സംഭവിച്ചു റാണി ഒളിച്ചോടി അത്ര തന്നെ രാജസന്താനങ്ങളേ മനുഷ്യരാണ് ശ്വാസം മുട്ടിയാൽ അവരും മരിക്കും Dealing to all of you. Ah, hello, Mr. Adich and Phile. And the Kewndu, we say shangal. Sukhamta neale? Behumana patta kambini aride. Kambini resident ay avadite yin kari ney gonda. Adi yengal, uri vitham sukha vayi kadi yin du. Hmm. Ah, uh, Mr. Khiladar, any news from the palace? What about our Rani and her uh, child? Your Excellency, you have a message from Her Highness the Maharani. Oh, now what is the message? Killedare Rani Elpichadana? No, Your Excellency. Uh -huh. One Mr. Subayan handed over this letter to me. Oh, oh, oh. Uh, but where is he? Jahan Ayala Parnutu. Oh, uh, what is the content of the message? Please read it. Yes, Your Excellency. Namuktu Sahodara Dulli Mairikunna Maharaja Manishri Karnal Saheb Avaragalka. എത്രയും ബഹുമാനപ്പെട്ട ഇംഗ്രേസ് ഗവൺമെന്റ് ആർ അവകൾ വിചാരണ ചെയ്ത് നിശ്ചയിച്ച് നമ്മുടെ കുമാരന് പട്ടം കെട്ടി പ്രസിദ്ധം എഴുതി വന്നിരിക്കുന്നതിന് വണ്ണം അക്കാര്യം നിർവഹിക്കേണ്ടതിന് തൊള്ളായിരത്തി എൺപത്തി ഒൻപതാം ആണ്ട് ചിങ്ങമാസം പതിനഞ്ചാം തീയതി ശുഭദിനമാകൊണ്ട് അതിന് കർണലും കൂടി ഇവിടെ വന്നിരുന്നിട്ട് സന്തോഷപ്രകാരം നടത്തണമെന്ന് നമുക്ക് മനസ്സായിരിക്കും അവിടെ വന്ന് കണ്ട് ബോധിപ്പിച്ച് കർണൽ ഇങ്ങോട്ട് വരുമ്പോൾ കൂടെ വരത്തക്കവണ്ണം പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന മാറമംഗലം സുബ്ബയനെ അയച്ചിരിക്ക കൊണ്ട് താമസിയാതെ പുറപ്പെട്ടു വരികയും വേണം അപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങൾ പട്ടം കേറ്റുക എന്ന് പറഞ്ഞാൽ എന്താണു പട്ടം തിരുവിതാംകൂർ രാജവംശത്തിലെ ആചാരപ്രകാരം അവകാശിയായി മാറ്റാൻ പ്രജകളില്ലെങ്കിൽ ഒരാൺ പ്രജ ജനിച്ചാൽ ജനിച്ച അന്നു തൊട്ട് ആ കുട്ടിയായിരിക്കും രാജ്യത്തിന്റെ നിയമാധിഷ്ഠിത ഭരണാധികാരി ആ ചടങ്ങാണ് പട്ടം കെട്ടുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭസ്ഥ ശിശു തന്നെ രാജാവായില്ലേ പിന്നെ ഇനിയും എന്ത് പട്ടം കെട്ടലാട്ടെ അവരുടെ പ്രസിഡന്റ് എമാനെ അടിയം പറയാനുള്ളത് പറയുന്നു ആൺകുട്ടിയാണ് വളർന്നു വരുമ്പോൾ എന്താണ് ഉണ്ടാവുകയെന്ന് പറയാനാവില്ല സൂക്ഷിച്ച നന്ന് കൊട്ടാരത്തിനകത്തു എല്ലാ നമ്മുടെ മിസ്റ്റർ കില്ലദാർ ബഹുമാനപ്പെട്ട റെസിഡന്റ് നിശ്ചയമായും എത്തിച്ചേരില്ലേ അവിടത്തേക്ക് എന്താണ് സംശയം കൊട്ടാരത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തമ്പുരാനേക്കാൾ താല്പര്യം ഇപ്പോൾ റെസിഡന്റ് മാത്രമല്ലല്ലോ തിരുവിതാംകൂറിന്റെ ദിവാൻകുടിയല്ലേ ആ അതെ നമുക്കറിയാം ഉത്കണ്ഠം ചോദിച്ചതാണ് ഇവിടെ എന്തൊക്കെയാണ് ചടങ്ങുകൾ ആ ഇതാ ഈ ശംഖമുദ്രപതിച്ച സിംഹാസനമില്ലേ ഇത് തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ ശ്രീ വീരമാർത്താണ്ഡവർമ്മ തിരുമനച്ചുകൊണ്ട് ഇരുന്നറിലെ സിംഹാസനമാണ് ഇതിൽ നമ്മുടെ ഉണ്ണിയെ ഇരുത്തുക എന്നിട്ട് ശ്രീപത്മനാഭൻ കരിഞ്ഞു നൽകിയ ഒടവാളിൽ ഉണ്ണിയുടെ കൈകൊണ്ടൊന്ന് തൊടുവിക്കുക അതോടെ ഔപചാരികമായി അദ്ദേഹം തിരുവിതാംകൂർ രാജാവായി കഴിഞ്ഞതായി പ്രഖ്യാപിക്കപ്പെടും അത്ര തന്നെ ചടങ്ങിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ചുമതല എന്നാൽ ഈ രാജ്യത്തിന്റെയും ഉണ്ണിയുടെയും പരിപൂർണ ചുമതല അദ്ദേഹത്തിന് തന്നെയല്ലേ അത് ശരി അത് ശരി ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇതുമായി ബന്ധപ്പെട്ട വല്ല രേഖാസമർപ്പണവും നടത്തുന്നുണ്ടോ എന്നറിയാനാണ് ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ഇവിടുത്തെ ആചാരങ്ങൾ നമുക്ക് പൂർണമായും അറിയുകയില്ല അതുകൊണ്ട് ചോദിച്ചൊന്നേ ആ ഏതാണ്ട് മുഹൂർത്തത്തിനോട് അടുക്കുന്നു ൾ വരുന്നു ബഹുമാനപ്പെട്ട കമ്പനിയാരുടെയും ബഹുമാനപ്പെട്ട റസിഡന്റ് അവസ്ഥയും സഹായം കൊണ്ട് നമുക്ക് സുഖം തന്നെ അങ്ങക്കും സുഖം തന്നെയല്ലേ നമ്മുടെ പുത്രനെ രാജ്യത്തെ രാജാവായി പട്ടം കെട്ടിക്കുന്ന ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട റെസിഡന്റ് അവർ പങ്കെടുത്തതിൽ നമുക്കും മഹാറാണിക്കും നമ്മുടെ നാട്ടുകാർക്കും you We were waiting for you your excellency oh. there is no delay your excellency sri patmanabha sevini vanji dharma vardhini rajarajeshwari rani gauri lakshmi bhai ezhunnallunu i welcome you your highness the maharani of travancore and your son on behalf of the mighty is india company namak sahodara dullinaya colonel avargal ivide ettugayum <laughs> nammada bhavi rajavane anugrahikkayum cheyathadina nammada prathegam nanni avadhe anuvadathodudi naam nammada unniye ida nammada purviganmar irna aruliya tiruvithamkoorinte pavithramaya ee simhasanathil iruthunu Hey. നമ്മുടെ കുലദൈവതമായ ശ്രീപത്മനാഭ സ്വാമിയുടെ കൽപ്പനയനുസരിച്ച് നമ്മുടെ ഈ ശിശുവിനെ കമ്പനിയുടെ ഹസ്തങ്ങളിൽ നാം സമർപ്പിക്കുന്നു ഈ രാജശിശുവിന്റെ ഭാവി സഹായത്തിനും ബഹുമാനപൂർവ്വമായ പെരുമാറ്റത്തിനുമുള്ള ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കമ്പനിക്ക് തന്നെ ഇതിനാലായി തീർന്നിരിക്കുന്നു ട്ടിയെ മുഖം കാണിക്കാൻ ഇരേമൻ തമ്പി അങ്ങന്ന് കാത്തുനിൽക്കുന്നു വരാൻ പറയൂ ലക്ഷ്മി ഭായി തമ്പുരാട്ടി വിജയിക്കട്ടെ അല്ലേ ഇരിക്കട്ടെ തമ്പിയെ ഈയിടെ കാണാനേ ഇല്ലല്ലോ നാം ഇവിടെയുണ്ട് പക്ഷേ കൊട്ടാരത്തിൽ വരുത്തിയിട്ടുള്ള നിയന്ത്രണം അവിടെ അറിഞ്ഞു കാണുമല്ലോ എന്തു ചെയ്യാൻ തമ്പി പോകറ്റാൽ പുലിയും പുല്ലു തിന്നും ഇല്ലേ നാടവരുടെ കയ്യിലായില്ലേ നമ്മുടെ ഉണ്ണി വളരുന്നത് വരെ എങ്ങനെയും പിടിച്ചുനിൽക്കണം അല്ല വന്നത് ഒരു കവിത അടിയാണ് അതിന് അനുവാദമുണ്ടാകണം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ഒരു കവിത സമർപ്പിക്കാൻ ഇരയമ്മൻ തമ്പിക്ക് അനുവാദം വേണമെന്നോ തമ്പി നമ്മെ പരിഹസിക്കുകയാണോ അവിടുന്ന് ഇതൊന്ന് തൃക്കൺ പറക്കണം നമ്മുടെ പൊന്നുണ്ണിക്കൊപ്പം ഇരേമൻ തമ്പിയുടെ ഈ താരാട്ടും മലയാളമുള്ള കാലവും ഓർക്കും ഇതാ ഈ പുഷിരാഗം പതിച്ച മോതിരം െ വേണ്ട മോളെ ഉണ്ണി ഉണർന്ന് കിടക്കയാണ് ചെലപ്പോ പിണങ്ങും എന്നെ കണ്ടാൽ അനിയൻ ചിരിക്കു പിണങ്ങില്ല ശരി ആട്ടിക്കോളൂ തി ഞാൻ മറന്ന് പാട്ടിൽ ലയിച്ചുപോയി ഇതാ നോക്കണം ഈ പച്ചവില്ലേസ് പതിച്ച തൊട്ടിലിൽ വേണാടിന്റെ ഓമന തിങ്കൾ പോലെ നമ്മുടെ ഉണ്ണി മന്ദസ്മേരമുഖനായി ഉറങ്ങുന്നു ഈ ഐശ്വര്യം നമുക്കെന്നും കെടാവിളക്കാകട്ടെ അക്കൻ ഒരേ ഇരിപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം വളരെ കൊച്ചു തമ്പരാട്ടി അടിയന് ഭയമാകുന്നു വലിയ തമ്പരാട്ടി ഇന്നോ നാളെയോ തിരുവയർ ഒഴിയുമെന്നാണ് അടിയന്റെ പഴമനസ്സിൽ ഒരു തോന്നൽ ഈ നിലയിൽ തമ്പരാട്ടി ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നത് തീരെ ശരിയല്ല പള്ളിക്കിടക്ക വിരിച്ചിട്ടും തമ്പരാട്ടി കിടക്കാൻ കൂട്ടാക്കുന്നില്ല എന്താണക്കാ ഒരു വിചാരം എന്തുണ്ടെങ്കിലും ഈ അനുജത്തിയോട് പറയൂ നിങ്ങൾ വെറുതെ പരിഭ്രമിക്കുകയാണ് വലിയ തമ്പരാട്ടിയുടെ മനസ്സിൽ എന്തോ ഒതുങ്ങാത്ത സങ്കടമുണ്ട് തീർച്ച ഈ രൂപത്തിൽ തമ്പരാട്ടിയെ അടിയൻ ഒരിക്കലും കണ്ടിട്ടില്ല അക്കൻ്റെ ഈ അനുജത്തയോട് അക്കന് സ്നേഹമില്ലേ പറയൂ അക്ക എന്താണെങ്കിലും എന്നോട് പറയൂ ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട് ദേവകി പുറത്തു അടിയൻ ഈ സമയത്ത് പുറത്തു പറയുന്നതനുസരിച്ചാൽ മതി चित चित ോ മധുരിച്ചിട്ട് തുപ്പാനോ വയ്യാത്ത നിലയിലാണ് ഇന്ന് നാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന് തെളിച്ചു പറയണം പറയാ മാവേലിക്കരയിലെ കേരളവർമ്മ തമ്പുരാന് നാം സന്ദർശനം അനുവദിച്ചു അനുവദിച്ചോ ഇല്ല അയാളെ അറിയിച്ചില്ല കില്ലധാരോട് ചോദിച്ചോ ഇല്ല അയാൾ ഇവിടെ ഇല്ല ഒരാഴ്ച കഴിഞ്ഞേ വരൂ അദ്ദേഹം എന്തു പറയാൻ നമ്മുടെ ഇഷ്ടത്തിനൊന്നും അദ്ദേഹം എതിർ നിൽക്കാറില്ല അമ്മാവൻ തമ്പുരാൻ ഇപ്പോൾ തടങ്കലിലല്ലേ പിന്നെ അതെ അത് തന്നെയാണ് നമ്മെ കുഴക്കുന്ന ചോദ്യം നാം കൽപ്പിച്ചാൽ തടവുമുറി തുറന്ന് അദ്ദേഹത്തെ പരിചാരകന്മാർ നമ്മുടെ അടുത്ത് കൊണ്ടുവരും എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ തടവറയിലേക്ക് തന്നെ പറഞ്ഞയക്കണം പക്ഷേ ഇതാരും അറിയരുതെന്ന് മാത്രം അത് നടക്കുമെന്ന് തോന്നുന്നില്ല കൊട്ടാരത്തിലെ പോലും കണ്ണും കാതും ഉണ്ടാക്ക അവർ ഒന്നിനൊൻപതായി പ്രസിഡന്റിനോട് പോയി പറയും അതും ശരിയാണ് എന്തൊരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അവരുടെ ബന്ധുവിനെ തടങ്കൽപാളയത്തിൽ നിന്ന് ഒന്ന് വരുത്തി കാണാൻ പോലും അവകാശമില്ല കള്ളൻ കട്ട മുതൽ ഉടമസ്ഥന്റെ കയ്യിൽ കിട്ടിയിട്ടും ഒരു കള്ളനെ പോലെ പേടിച്ചു പേടിച്ചേ അതിൽ തൊടാനൊക്കൂ എന്ന് സ്ഥിതി വന്നാൽ ധർമ്മത്തിന് എന്താണ് വില ധർമ്മരാജ്യം എന്ന പേര് കേട്ട വഞ്ചിനാടിന്റെ ഭരണാധികാരി അന്യന്റെ മുൻപിൽ ധർമ്മം വ്യാജിച്ചു നിൽക്കേണ്ടി വരുന്നതിൽ പരം ഗതികേട് എന്തുണ്ട് അനുചത്തിനാഭാ അങ്ങനെ കാണുന്നില്ലേ അക്കാ അക്കനിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കരുത് പൂർണ്ണ ഗർഭിണിയായ അവിടത്തേക്ക് ഇപ്പോൾ വിശ്രമമാണ് ആവശ്യം വിശ്രമം മനസുഖം ഇതൊന്നും നമ്മുടെ ജാതകത്തിലില്ല അനുജത്തി അടുത്ത മാസം നമ്മുടെ അമ്മാവനെ തലശ്ശേരിയിലെ കമ്പനി ജയിലിലേക്ക് മാറ്റുമെന്നാണ് കില്ലദാർ അറിയിച്ചിട്ടുള്ളത് അതിനു മുൻപേ അദ്ദേഹത്തിന് ഒരേ ആഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട മകനെ വേണാടിൻ്റെ നാളത്തെ നായകനെ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണണമെന്നറിയിച്ചാൽ നാം പറയും പാർവതി പറ്റില്ലെന്ന് പറയാൻ നാവ പൊങ്ങിയില്ല വലതു കൊണ്ടും നമുക്കിനി അധിക കാലം ഉണ്ടെന്ന് തോന്നുന്നില്ല നാം വന്നാൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ പൊന്നുംകൂടത്ത് രാജകുമാരനെ ഈ നാടിന്റെ അഭിമാനം കേക്കാൻ എന്ത് ബുദ്ധിമുട്ടിയും പാർവതി പ്രാർത്ഥണം അക്ക അറും പറ്റുന്ന ഒന്നും പാർവതി തമ്പുരാട്ടിയെ തമ്പുരാട്ടിയെ കേരളവർമ്മ തമ്പുരാൻ ജയിൽ ചാടി വന്നതാണെന്ന് തോന്നുന്നു കയ്യിലും കാലിലും ചങ്ങലയും ഉണ്ട് കണ്ണിട്ട് പ്രാന്തനെ പോലെ തോന്നുന്നു തമ്പ്രാട്ടിയെ കാണാൻ ശാഠ്യം പിടിക്കുന്നു തമ്പ്രാട്ടി ഇവിടെ ഇല്ലെന്ന അടിയൻ പോകാൻ കൂട്ടാക്കുന്നില്ല അദ്ദേഹത്തോട് വരാൻ പറയൂ അടിയൻ ഉത്തരവ് നമ്മെ കാണുന്നത് തിരുവിതാംകൂർഹാസിനകാശി വെറും ഇങ്ങനെ നിലവിളിക്കുന്നത് ആ സ്ഥാനത്തിന് യോജിച്ചതില്ല നോക്കൂ അനുജത്തി പാർവതി ഭായി അവളെ കണ്ടു പഠിക്കൂ അമ്മാവൻ എന്ത് വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോളൂ ഞങ്ങൾ നിരപരാധികളാണ് അതിനുള്ള ശിക്ഷയും നാം അനുഭവിക്കുന്നു ഈ അമ്മാവൻ ഒരുപക്ഷെ നിങ്ങളെ കൂടി കൊലിക്കൊടുക്കാവുന്ന കൂടിക്കാഴ്ച കളമൊരുക്കിയത് എന്റെ മരുമകൻ ിൽ ഇതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്നു കണ്ടോ ഈ വികൃത രൂപം കണ്ടിട്ടും അവൻ എന്നെ പേടിയില്ല അവൻ നമ്മുടെ അനന്തരവൻ തന്നെ നമ്മെ നോക്കി ചിരിക്കുന്നു ലക്ഷ്മി ഭായ് ഈ ചങ്ങല ചുറ്റിയ കൈകൾ നീ കാണുന്നില്ലേ ഒരു നിമിഷം ഒന്ന് അഴിച്ചു മാറ്റാൻ പറയൂ നമ്മുടെ പൊന്നും നാം ഒന്ന് വാരിയെടുത്ത് മാറോട് ചേർത്ത് കൊള്ളട്ടെ കൽപ്പന കൊടുക്കൂ കഴുമ്മരത്തിലേക്ക് ഇറന്നൊരു കുറ്റവാളിയുടെ അവസാന ത്യാഗ്രഹമാണെന്ന് കരുതിയെങ്കിലും കൽപ്പന കൊടുക്കൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാം ഇവിടെ തലയറഞ്ഞാകും കയ്യിലെ ചങ്ങലകൾ അഴിച്ചു മാറ്റൂ അയ്യോ ഉണ്ണി ഇങ്ങി തരൂ പാർവതി മാറി നിൽക്കൂ അമ്മാവൻ കൊതു തീരും വരെ അവനെ എടുക്കട്ടെ തിരുവിതാംകൂറിന്റെ രാജാവ് ചിരിക്കാനും രസിക്കാനും വേണ്ടി മാത്രമല്ല കരയാനും കൂടി വിധിക്കപ്പെട്ടവനാണ് ചുംബിക്കട്ടെ േറ്റിയാലും നമുക്ക് ദുഃഖമില്ല ഈ ചങ്ങല ചുറ്റാത്ത കൈകൾ പൊക്കി നമ്മുടെ ഉണ്ണി അനുഗ്രഹിക്കുന്നു ഇവ നാളെ നമ്മുടെ അഭിമാനത്തിന്റെ പടവാളായി വളരട്ടെ കൊച്ചമ്പുരാട്ടി മൂത്താട്ടിയുടെ കോമ്പുരാൻ ചേട്ടാ ചേട്ടൻ എന്താണ് ഇത്ര തിടുക്കത്തിൽ അവർ നാളെ തന്നെ പാർവതി ഭായി ായി അധികാരവൽക്കണം എന്നറിയിച്ചിരിക്കുന്നു അക്കൻ നാട് നീങ്ങിയ പുല പോലും തീരുന്നതിന് മുമ്പോ രാഷ്ട്രനീതിക്ക് കണ്ണില്ല ഹൃദയവുമില്ല നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി നമ്മളെല്ലാം സഹിക്കണം ചേട്ടാ അക്കന്റെ മരണത്തെ പലതും കേൾക്കുന്നു ഇനി ഒന്നും ആലോചിക്കണ്ട ആലോചിച്ചാൽ ഭ്രാന്ത് പിടിക്കും പതിനാല് കൊല്ലം കൂടി എങ്ങനെയും കഴിച്ചുകൂട്ടണം മാരുടെ താളത്തിനൊത്ത് നാട്ടു ഭരണവും നടത്തി നാം എങ്ങനെ ശരി ചേട്ടൻ പറയുന്നത് പോലെ സ്വാതി തിരുനാൾ തിരുമനസിലേക്ക് ബാലപ്രായമാകൊണ്ട് മേപ്പിടി ഭണ്ഡാരത്തിലും മേപ്പിടി ഭണ്ഡാരത്തിലെ ആയില്യം തിരുനാൾ തിരുവവതാരം ചെയ്ത അരുളിയ ആറ്റിങ്ങൽ മൂത്തമ്മ ഭാരത്തിൽ റാണി ഗൌരി ലക്ഷ്മിഭായി തൊള്ളായിരത്തി കന്നിമാസം അഞ്ചാം തീയതി നാട് നീങ്ങി സ്വർഗ്ഗപ്രാപ്തിയാകിയാൽ ബഹുമാനപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രസിഡന്റ് അവിയോഗപ്രകാരം അവരുടെ സോദരി ഉത്രിട്ടാതിരുനാൾ തിരുവാവതാരം ചെയ്ത വഞ്ചി ധർമ്മവർദ്ധനി രാജരാജേശ്വരി റാണി പാർവതിഭായി അവൾ ഇന്നേ ദിവസം മുതൽ രാജ്യവിചാരം ഏറ്റെടുത്തിട്ടുള്ള വിവരം സകലമാന പേരെയും ഇതിനാൽ അറിയിച്ചു സുരുട്ടി രാഗത്തിൽ നിഷാദ സ്വരം ഒരു പ്രത്യേക രീതിയിലാണ് വായിക്കേണ്ടത് ോ വായിച്ചു പഠിച്ചിട്ടുമില്ലല്ലോ അമ്മയും അക്കനും വീണ വായിക്കുന്നത് നോക്കി നോക്കി നാം പഠിച്ചു അക്ക വീണെങ്കിൽ തരൂ നാം വായിച്ചു കേൾപ്പിക്കാം മൂന അമ്മയുടെ വീണ തരാം വരൂ വായിച്ചു നോക്കൂ sari ga ma എന്തൊരു അത്ഭുതം വീണ വായന കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി വീണ വായിക്കുകയും ഒരു മനുഷ്യ കുഞ്ഞല്ല സാക്ഷാൽ അമ്പാടി കൃഷ്ണന്റെ അവതാരം തന്നെ ഈ രാഗത്തിന്റെ പേരെന്താണ് അമ്മേ ഇതാണ് കാമോദരി അതായത് കാമ്പോജി രാഗം അമ്മേ നമുക്കും ഒരു വീണ വാങ്ങി തരുമോ ഒരു സ്വർണം പൂശിയ വീണ മുൻ ഉടനെ അമ്മ വാങ്ങി തരുന്നു നമ്മുടെ ഉണ്ണി പഠിച്ച് വലിയ സംഗീതജ്ഞനാകണം കേട്ടോ ശ്രമിക്കാം അമ്മേ അച്ഛാ ഈ മലയാളവും തമിഴും സംസ്കൃതവും മാത്രം പഠിച്ചാൽ നാം ലോകത്തെ കുറിച്ച് എങ്ങനെയാ മനസ്സിലാക്കുക അതിൽ തന്നെ എന്ത് പഠിക്കാനുണ്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ആണെന്നിരിക്കെല്ലാം പഠിക്കാനാവുമോ അപ്പൻ ഇതുവരെ സംസ്കൃതത്തിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പഠിച്ചു മാഘനം ഭാരവിയും കാളിദാസനും നമുക്ക് ഹൃദയസ്ഥമാണ് ൾ നമുക്ക് പച്ചവെള്ളമാണ് തിരുക്കുറലും ചിലപ്പതികാരവും മണിമേഖലയും നോക്കി പഠിച്ചു നമുക്ക് അച്ഛാ ഈ കമ്പനിയന്മാരോട് നേരെ നിന്ന് നമുക്ക് വർത്തമാനം പറയണ്ടേ ഇംഗ്ലീഷ് പഠിക്കാതെ അതെങ്ങനെ പറ്റും നാം ഏതായാലും നാളെ ഇവിടത്തെ രാജാവാകണമല്ലോ പേർഷ്യനും ഹിന്ദുസ്ഥാനിയും അറിയാത്ത രാജാവിനെ കുറിച്ച് ഇക്കാലത്ത് ആർക്കാ ബഹുമാനം ഇംഗ്ലീഷ് പഠിക്കാം പേർഷ്യനും ഹിന്ദുസ്ഥാനിയും ഒന്നും നമുക്ക് അച്ഛരലസനാണ് പഠിക്കാൻ മഹാമടി കുട്ടിക്കാലത്ത് പഠിക്കുകയല്ലാതെ പിന്നെ എന്താ ജോലി ശൈശവേ അഭ്യസ്ഥ വിദ്യാനാം യൗവനെ വിഷയ ക്ഷീണാം വാർത്തകയെ മുനിവൃത്തിനാം യോഗേ നാന്തേ തനുത്യജാം എന്നാണല്ലോ കാളിദാസമദം? മതം ആ എന്തൊക്കെ പഠിക്കണമോ അതിനൊക്കെയുള്ള സൗകര്യം നാം ഉണ്ടാക്കി തരാം ഇളിയമ്മ നമ്മൾ എവിടേക്കാണ് പോകുന്നത് ൂർ കൊട്ടാരത്തിലേക്ക് ആരുണ്ടെ ഉണ്ണയുടെ ഇളയച്ഛൻ കിളിമാനൂർ കൊട്ടാരത്തിലെ തമ്പുരാനല്ലേ ആ നാം കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞു അല്ല ഇതാരത് നമ്മുടെ കൊച്ചു തമ്പുരാൻ അല്ലേ ഇവിടുത്തെ അപ്പൂപ്പനാണ് അപ്പൂപ്പ നമസ്കാരം ഇത്ര ശ്രുതിമധുരമായി കവിത ചൊല്ലുന്ന ആ കുട്ടി ഇവിടത്തെ ആണോ അത് നമ്മുടെ ചെറുണ്ണിയല്ലേ ഹേ ചെറു ഇതാ നിന്നെ കാത്തു നമ്മുടെ അതിഥികൾ പൂമുഖത്തെ ഇരിക്കുന്നു താനാണോ ആ നാരായണീയ ശ്ലോകം ചൊല്ലിയത് അത് നാരായണീലെ ശ്ലോകമാണെന്നു തനിക്ക് മനസ്സിലായി വായിച്ചിട്ടാണെന്ന് ഇനി പ്രത്യേകം പറയണമോ കേട്ടുള്ളൂ നിർവിശങ്ക ഭവതംഗദർശിനി ഖേചരീ ഖകമൃഗാൻശൂനവി ദ്വൽ പദപ്രണയി കാന ധന്യധന്യമിതി നന്വമാനയൽ ഇതല്ലേ താൻ ചൊല്ലിയതിൻ്റെ അടുത്ത ശ്ലോകം അതിരിക്കട്ടെ തന്റെ പേരെന്താ ചെറുണ്ണി രാമവർമ്മ കൊച്ചു തമ്പുരാൻ നമുക്ക് കാണാൻ തൊട്ട് വന്നിക്കയോ നമ്മൾ സമപ്രായക്കാരല്ലേ എന്നാലും രാജാവും നാം വെറും ഒരു തമ്പുരാനും അല്ലേ ചെറുണ്ണി നമ്മൾ ബന്ധുക്കളാണ് ഇന്ന് മുതൽ സുഹൃത്തുക്കളും നിങ്ങൾ എന്നും നമ്മുടെ സഹോദരനായിരിക്കും ചെറുണ്ണി എന്തൊക്കെ പഠിച്ചു ഭാഷയും കുറച്ച് സംസ്കൃതവും സംഗീതം പഠിക്കുന്നുണ്ടോ ഇല്ല ഇംഗ്ലീഷോ പഠിക്കണമെന്ന് മോഹമുണ്ട് പക്ഷെ ചെറുണ്ണി നമ്മെ സ്വാതി എന്ന് വിളിച്ചാൽ മതി അതാ നമുക്കിഷ്ടം പഠിച്ചത് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് പേർഷ്യൻ ഹിന്ദുസ്ഥാനി ഉർദു ഇത്രയും ഭാഷകൾ സാമാന്യം എഴുതാനും വായിക്കാനും പഠിച്ചു പാട്ടൊക്കെ എഴുതുമോ പക്ഷേ ആരെയും ഇതുവരെ കാണിച്ചിട്ടില്ല ചെറുണ്ണി എഴുതുമോ നാമും ചിലത് കുത്തി കുറിക്കാറുണ്ട് ചെറുണ്ണിക്ക് പഠിക്കണമെന്നുണ്ടോ മതിയായ മോഹമുണ്ട് എന്നാൽ നമ്മോടൊപ്പം തിരുവനന്തപുരത്തേക്ക് പോരൂ അതിന് കൊട്ടാരത്തിൽ നിന്ന് സമ്മതിക്കുമോ അതൊന്നും താനറിയണ്ട ഇളയമ്മയോട് പറഞ്ഞ ശരിപ്പെടുത്താം ു വച്ചിട്ട് എന്താ കാര്യം അറിവുള്ളവർ കണ്ടാൽ അല്ലേ അതിൽ തെറ്റു മനസ്സിലാകൂട്ട നമ്മുടെ കയ്യിൽ തരൂ നാം കൊണ്ടുപോയി തമ്പിയമ്മാവന്റെ അതാ നല്ല വിദ്യ അതാരാ എന്തെങ്കിലും സങ്കടം പറയാനുണ്ടാവു ഹേ മഹാബ്രാഹ്മണ താങ്കൾ ആരാണ് താങ്കളെ കണ്ടിട്ട് എന്തോ സങ്കടം ഉണർത്തിക്കാൻ വന്നതാണെന്ന് തോന്നുന്നത് അയാൾ എന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കാര്യം തുറന്നു പറയൂ ചെറുണ്ണിക്ക് അറിയില്ല അല്ലേ കൊട്ടാരത്തിലെ ബലി തുടങ്ങിയ അടിയന്തരങ്ങളോടനുബന്ധിച്ച് കൊല്ലംതോറും സോമയാഗം ചെയ്യുന്ന നമ്പൂതിരിമാർക്ക് പണം കൊടുക്കുന്ന പതിവുണ്ട് ഒരു കിഴിയിൽ നൂറ്റിയൊന്ന് പണം കാണും ജിയുടെ താന്ത്രിക യോഗ്യത അനുസരിച്ച് നാലും അഞ്ചും കിഴി വരെ കൊടുക്കാറുണ്ട് ഇങ്ങനെ കിഴി പതിവായി വാങ്ങുന്ന നമ്പൂരാർ മരിച്ചാൽ മരണം കൊട്ടാരത്തിൽ അറിയിക്കുന്ന ആദ്യത്തെ സോമയാജിക്ക് മരിച്ച സോമയാജിയുടെ കിഴി കൂടെ കിട്ടും ഇതിനാണ് വീഴില്ല എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ചോമാതിരി ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതൊക്കെ പഠിച്ചുവെച്ച വെറും സാധാരണ ബാലനല്ല മനസ്സിലായില്ലേ പറയണ്ടടുത്ത് തന്നെ വന്നു പറഞ്ഞുവല്ലോ കേൾക്കട്ടെ കരുപ്പടന്നയിലെ കൃഷ്ണചോമാതിരി മരിച്ചു വീണ്ടും പറയാൻ രാമരു ചോമാതിരി ഞാനും രണ്ടു വള്ളങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒപ്പം ഒരേ സമയത്ത് തിരുവനന്തപുരത്ത് കടവിലെത്തി വള്ളത്തിൽ നിന്ന് ആദ്യം കടവിലേക്ക് ഇറങ്ങിയ രാമരു ചോമാതിരി നോം സഞ്ചരിച്ചിരുന്ന വള്ളത്തിന്റെ തല ചവിട്ടി തിരിച്ചളഞ്ഞു തിരിച്ചളഞ്ഞു നമുക്ക് കരക്കിറങ്ങാൻ പിന്നെയും സമയം വേണ്ടി വന്നു അഞ്ച് കിഴികിട്ടുന്ന ചോമാതിരിയാ മരിച്ചത് പെൺകുടക്ക് മ്മുടെ ഇല്ലത്ത് നിൽക്കുകയാാനം നമുക്ക് പതിച്ചു കിട്ടിയില്ലെങ്കിലേ കാശിക്ക് പോകേ നിവർത്തിയുള്ളു രാമൻ ചോമാതിരി മഹാധനികനാ അത്യാഗ്രഹി ഈ ബ്രഹ്മസ്വമാണ് സത്യം കൊച്ചുതമ്പുരാനിതിനൊരു നിവൃത്തി ഉണ്ടാക്കി തന്നേ പറ്റൂ ആരവിടെ മരിച്ചുപോയ കൃഷ്ണരി ചോമാതിരിയുടെ താനം ഈ നിൽക്കുന്ന നാരായണ ജോമാതിരിയുടെ പേരിൽ പതിച്ചു കൊടുക്കാൻ നാം കൽപ്പിച്ചതായി കൊട്ടാരം സമ്പ്രദയോടുപോയി പറയൂ ഉത്തരവും ആ തമ്പിയമ്മാവനും ഉത്രവും ഇങ്ങോട്ട് വരുന്നുണ്ട് കൊച്ചുതിരുമേനിയുടെ ഗാനകൃതി അസലായിട്ടുണ്ട് കേട്ടോ അല്ല കുഞ്ഞെ സന്തോഷം കൊണ്ട് ഈയുള്ളവനെ ശ്വാസം മുട്ടുകയാണ് പ്രായത്തിൽ ഇങ്ങനെയൊന്നും അവിടത്തേക്ക് എഴുതാൻ അസൂയപ്പെടാൻ പോലും എനിക്കാകുന്നില്ല മകനെ കുസൃതിത്തരം അൽപ്പം കൂടുന്നു തമ്പി തന്നെ പറയണം ആദ്യം വീഴില്ലം പറയുന്നവർക്കല്ലേ താനം കൊടുക്കുക അതേലോ അങ്ങനെയാണല്ലോ വേണ്ടത് രാമര ചോമാതിരി ആദ്യം വീഴില്ലം എന്നു പറഞ്ഞത് നമ്മോടല്ലേ അപ്പോൾ അയാൾക്കല്ലേ താനം കൊടുക്കേണ്ടത് ഓഹോ അങ്ങനെയാണോ ഇതാരറിഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം രണ്ടു ചോമാതിരിമാരുടെ പേർക്ക് നമുക്ക് തുല്യമായി താനം പങ്കിട്ടു കൊടുക്കാം അതെ അത് അതാണ് നീതി പൊന്നുമകനെ അവിടുത്തെ നീതിക്ക് മുമ്പിൽ നാം അടിയറവ് പറയുന്നു ആ നോക്കൂ റാണിതിരുമേനസിന് കേൾക്കണ്ടേ നമ്മുടെ കൊച്ചുതിരുമേനി എഴുതിയ ഗാനം എന്തെല്ലാ അത്ഭുതങ്ങൾ ഈ കുട്ടി അത്ഭുതങ്ങളോട് ഒരു നിലവറ തന്നെ അങ്ങ് പാടണം കേൾക്കട്ടെ panaga sayana pagima panaga sayana a panaga sayana പബി മ ജനപ്പയ പദ കിന്ന sasena kesinusudana pannaga sena paaki ma pannaga sena ഇത് നമ്മുടെ ഉണ്ണി തന്നെ എഴുതിയതാണോ എന്താ സംശയം ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് മാറ്റിവെച്ചു അത്ര തന്നെ ശ്രീ പത്മനാഭ എന്റെ ഉണ്ണിയെ കാത്തരുളേ ചിത്രാപൗർണിമിയാണല്ലോ കൊട്ടാരത്തിലെ തിരക്കിൽ നിന്നൊഴിഞ്ഞ് മുടവൻ മുകളിലെ ഈ ചെറിയ കൊട്ടാരത്തിൻ്റെ പൂമുക്കത്തിരിക്കുമ്പോൾ നാം എല്ലാം മറക്കുന്നു ഈ പ്രകൃതി തന്നെ എത്ര മനോഹരമായ ഒരു കവിതയാണ് അനന്ത നീലമിയാർന്ന നീലാകാശവും അതിൽ തുടിക്കുന്ന നക്ഷത്രങ്ങളും ഈ ചെറിയ മലഞ്ചിരിവിലൂടെ ചന്ദനച്ചോല പോലെ ഒഴുകുന്ന കിള്ളിയാറും അമ്മേ പ്രകൃതി നമുക്ക് നിന്നിൽ ലയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു രാപ്പാടിയെപ്പോലെ ഈ അനന്തതിയിൽ സംഗീതത്തിൻ്റെ പൂഞ്ചരകൻമേൽ പറക്കാൻ കഴിഞ്ഞെങ്കിൽ പണ്ടു പണ്ടെന്നോ ആ വങ്കനാട്ടിലെ പത്മിയുടെയോ മേഘനയുടെയോ തീരങ്ങളിൽ പുഴയും പൂനിലാവും വാരിപ്പുണർന്നു മയങ്ങുമ്പോൾ ആ ജയദേവർ പാടിയ ഗാനങ്ങൾ അത് നമ്മെ കോരിധരിപ്പിക്കുന്നു മണിക്കുണ്ടുഗ സ്മ ഹരിഹ മുൂ നികര ഗോപൂരനുഗായദി കാജി ഉദ പഞ്ചമര ഹരിഹ ധൂ നികരെ വിളസി വിളസതി കേളിപി കളെ മിളിദിദുപി ുതിലേ ചു ചുചുംബ നിദംബവതി ദളൈരനു കൂ ന്മാർ നിങ്ങൾക്കിവിടെ എന്ത് കാര്യം നമ്മുടെ സ്വയം കെടുത്താൻ ഇവിടെ എന്തിന് വന്നു ഉത്തരവ് കൊച്ചു തമ്പുരാൻ പൊറുക്കണം കൊട്ടാരത്തിൽ നിന്ന് മഹാറാണി തിരുമനസ് കൽപ്പിച്ചിട്ടാണ് അടിയങ്ങൾ വന്നത് ഏ എന്താ എന്തെങ്കിലും വിശേഷങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ കൊച്ചു തമ്പുരാനെ കൊട്ടാരത്തിൽ കാണാനില്ലെന്ന് പറഞ്ഞ് തമ്പുരാട്ടി നിലവിളിയാണ് കൊച്ചു തമ്പുരാൻ ഉടനെ ഞങ്ങളോടൊപ്പം വരണം നാം ഇന്നും ചെറിയ കുട്ടിയാണെന്നാണ് ഇളയമ്മയുടെ വിചാരം ഇളയമ്മ ഇങ്ങനെ തുടങ്ങിയാൽ എന്താണ് ചെയ്യുക പോകാം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ ഉണ്ണിയുടെ പോക്ക് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല റാണി തിരുമനസ് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഉണ്ണിക്ക് ഇംഗ്ലീഷുകാരെന്ന് കേട്ടാൽ പുച്ഛമാണ് അത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല ഉണ്ണിക്ക് ധാരാളം ഇംഗ്ലീഷുകാരായ സുഹൃത്തുക്കളുണ്ടല്ലോ പലപ്പോഴും അവരെ ഉണ്ണി കൊട്ടാരത്തിൽ വിളിച്ച് സൽക്കരിക്കാറുള്ളത് പാർവതിഭായ്ക്കും അറിവുള്ളതല്ലേ അതുതന്നെയാണ് ചേട്ട നാം പറയാൻ വന്നത് കമ്പനി ഭരണത്തെ ആക്ഷേപിക്കുന്ന പുസ്തകങ്ങളും കടലാസുകളും ഉണ്ണിക്ക് ഉണ്ണിയുടെ ഈ ഇംഗ്ലീഷുകാരെ സുഹൃത്തുക്കളാണ് കൊണ്ടു അത് വായിച്ചിട്ട് കമ്പനി മേലധികാരികളെ ഉണ്ണി പരസ്യമായി ശകാരിക്കുന്നു എന്നാണ് കില്ലധാരുടെ പരാതി ഓഹോ ഇങ്ങനെ പോയാൽ നമ്മുടെ ആചാരങ്ങളും മുറകളും വരെ ഉണ്ണി തെറ്റിക്കില്ലേ എന്നാണ് നമ്മുടെ ഭയം സത്യം പറയട്ടെ നമുക്കും ഈ ഭയം തന്നെയാണുള്ളത് ലോകത്തെ നാനാഭാഷകളിലെ എത്രയെത്ര പുസ്തകങ്ങളാണ് ദിവസവും ഈ കുട്ടി വായിച്ചു തള്ളുന്നത് അയാൾ നമ്മോടോരോന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും നമുക്ക് പറയാനാവില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ ആപത്തിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല സംഗതി ഒക്കെ ശരിയാണ് ഇന്നാളിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് ദേശാഭിമാനത്തെക്കുറിച്ച് ഒരു ഭാഗം വായിച്ച് കേൾപ്പിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ഇംഗ്ലീഷുകാർ ദേശാഭിമാനികളാണെന്ന് അവകാശപ്പെടുന്നു പിന്നെന്തുകൊണ്ട് അവർ നമ്മുടെ ദേശാഭിമാനത്തെ അംഗീകരിക്കുന്നില്ല അവർക്ക് നമ്മെ ഭരിക്കാൻ എന്താണ് അവകാശം നമ്മെ ഭരിക്കുകയല്ല അവർ നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനാണ് ഇവിടെ പാളയം അടിച്ചിരിക്കുന്നത് എന്നൊക്കെ നാം പറഞ്ഞു നോക്കി എന്തു ഫലം അച്ഛൻ ഉമ്മാക്കിക്കഥ പറഞ്ഞ് എന്നെ ഉറക്കാനാണോ ഭാവം എന്നാണ് ഉണ്ണിയുടെ ഇംഗ്ലീഷുകാരുടെ മക്കൾക്ക് അവരെ കുറിച്ച് എന്തും പറയാം പക്ഷെ നമ്മൾ അവരെ പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാകും ഇങ്ങനെയായാൽ അവരോട് നമ്മളും കുറച്ച് രാജ്യദ്രോഹമൊക്കെ പറയേണ്ടതായി വരും ഉണ്ണി ഉണ്ണിയുടെ സാമർഥ്യം ഞങ്ങളെ കണ്ണീർ കുടിപ്പിക്കാനാവരുത് ഇളയമ്മ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നു ഉണ്ണി ഇംഗ്ലീഷുകാരായ ചെറുപ്പക്കാരോടുള്ള ഉണ്ണിയുടെ കൂട്ടുകെട്ടും ഒറ്റയ്ക്കുള്ള ഈ കുതിരസവാരിയും ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു മനസ്സിലായില്ല ഉണ്ണി എന്തിനാണ് നേരത്തും കാലത്തും അമൃതയത്ത് പോലും കഴിക്കാതെ ഇങ്ങനെ ഊരുചുറ്റി നടക്കുന്നത് അതൊക്കെ നമ്മുടെ അഭിമാനത്തിന് ചേർന്നതാണോ അഭിമാനത്തിന്റെ കാര്യം അതങ്ങ് വിടണം ആനയേയും എന്താണ് ഉണ്ണി ഇങ്ങനെ ഗുരുത്വമില്ലാതെ സംസാരിക്കുന്നത് അമ്മേ നാം ഒരിക്കലും ഗുരുത്തക്കേട് കാണിക്കില്ല അമ്മ ക്ഷോഭിക്കരുത് നാം ഒന്ന് ചോദിക്കട്ടെ ഇളയച്ഛന് ഇളയമ്മയെ ഒന്ന് കാണാൻ പോലും കില്ലധാരുടെ അനുവാദം വേണ്ടേ ആരാണയാൾ അയാൾക്കെന്താണ് ഇവിടെ കാര്യം രാജ്യം ഭരിക്കുന്ന റാണിക്ക് സ്വന്തം ഭർത്താവിനെ കാണാൻ അന്യൻ്റെ അനുവാദം വേണം പോലും ഇതംഗീകരിക്കാൻ നമ്മുടെ അഭിമാനം അനുവദിക്കുന്നില്ല ഇളയമ്മയെ നമ്മുടെ ശിരസിൽ തിരുവിതാംകൂറിന്റെ കിരീടം ചൂടേണ്ടി വരുമെങ്കിൽ അന്ന് ആ നിമിഷം ശ്രീ പത്മനാഭ നമുക്കൊന്നും കേൾക്കണ്ട ഇത് കില്ലതാരറിഞ്ഞാൽ പോയി പറയുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നാം ആരും ക്ഷണിക്കാതെ ഇവിടെ വന്ന് കയറിയ കുഴപ്പങ്ങളാണ് നാം ഒന്നുകൂടി പറയാം നാം ഇന്ന് ചെമ്പഗകരാമൻ തമ്പിയെ കണ്ടിരുന്നു ചെമ്പഗ്രരാമൻ തമ്പിയെയോ അയാൾ നമ്മുടെ ശത്രുവാണ് ഇളയമ്മേ ഇളയമ്മന്നെ അത് വിശ്വസിക്കുന്നുണ്ടോ ഇനി ഒന്നും നമ്മോട് മറച്ചുവെക്കാൻ നോക്കണ്ട എല്ലാം അയാൾ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു ആ രാജ്യദ്രോഹിയാണ് നമ്മുടെ ഉണ്ണിയെ വഴിതെറ്റിക്കുന്നത് ഇളയമ്മയും അച്ഛനും ഒന്ന് മനസ്സിലാക്കണം ആരെങ്കിലും തെറ്റിച്ചാൽ വഴിതെറ്റുന്ന ഒരു അപ്രാണിയല്ല ഈ സ്വാതിരുന്നാൾ നമ്മുടെ കുലകൂടസ്ഥരായ വീരമാർത്താണ്ഡവർമ്മയുടെ പൗരുഷവും ധർമ്മരാജാവിന്റെ കലാഹൃദയവും കിടാതെ സൂക്ഷിക്കുന്ന തിരുവിതാംകൂർ രാജാവായിരിക്കും ശ്രീപത്മനാഭദാസൻ മാത്രമായ ഈ സ്വാതിരുനാൾ ബാലരാമവർമ്മ സ്വാതി തിരുനാൾ ഒരിക്കലും കമ്പനിദാസനാവുകയില്ല ഇത് സത്യം സത്യം സത്യം തിങ്കൾ പിരപ്പൻകോട് മുരളി എഴുതിയ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു റാണി ലക്ഷ്മിഭായ് ടി പി രാധാമണി പാർവതിഭായ് ഭാഗ്യലക്ഷ്മി ദേവകിപിള്ള കെ പി എസ് ഭഗവതി രാജകുമാരി വേണു വയറ്റാട്ടി മീനാക്ഷി ഗണേശൻ രാജരാജവർമ്മ സന്തോഷ്കുമാർ കായംകുളം കേണൽ മൻറോ വില്യം ഡിക്രൂസ് കില്ലദാർ മഹാസിംഗ് കരമന ജനാർദ്ദനൻ നായർ കേരളവർമ്മ ചങ്ങനാശേരി നടരാജൻ സമ്പ്രതി പി ഗംഗാധരൻ നായർ ആദിച്ചൻപിള്ള രാജൻ തഴക്കര പപ്പുക്കുറിപ്പ് എസ് രാമൻകുട്ടി നായർ ഇരയുമ്മൻ തമ്പി സി പി രാജശേഖരൻ യുവാവായ സ്വാതി കഴക്കൂട്ടം പ്രേംകുമാർ ചോമാതിരി ടി എൻ ഗോപിനാഥൻ നായർ വൃദ്ധൻ പല്ലന കമലൻ ഭടൻ കാട്ടാക്കട പ്രേംകുമാർ രുഗ്മിണി ബേബി സ്മിത സ്വാതി മാസ്റ്റർ ഹരികൃഷ്ണൻ ചെറുണ്ണി മാസ്റ്റർ മഹേഷ് കൃഷ്ണൻ ഉത്രം മാസ്റ്റർ അഭിലാഷ് ചന്ദ്രൻ അതിഥി ശബ്ദം കെ പൊന്നപ്പൻപിള്ള സഹ സംവിധാനം അച്യുതൻകുട്ടി സാങ്കേതിക സഹായം രമേശ് ചന്ദ്രൻ പശ്ചാത്തല സംഗീതം ദർശൻ രാമൻ ആലാപനം നെയ്യാറ്റിൻകര വാസുദേവൻ കാവാലം ശ്രീകുമാർ ഗിരിജ വർമ്മ ഗോമതി ചിദംബരം സംവിധാനം ആർ വിമലസേനൻ നായർ